അധ്യായം പത്ത് യൂനുസ് മക്കയിൽ അവതരിച്ചത് തൊണ്ണൂറ്റി എട്ടാമത്തെ സൂക്തത്തിൽ യൂനുസ് നബിയുടെ ജനതയെ സംബന്ധിച്ച് പരാമർശിക്കുന്നതാണ് ഈ അദ്ധ്യായത്തിന് യൂനുസ് എന്നു പേർ നൽകാൻ കാരണം ജനങ്ങൾക്ക് താക്കീത് നൽകുകയും സത്യവിശ്വാസികളെ അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ സത്യത്തിൻ്റെതായ പദവിയുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് അവരുടെ കൂട്ടത്തിൽ നിന്നു തന്നെയുള്ള ഒരാൾക്ക് നാം ദിവ്യ സന്ദേശം നൽകിയത് ജനങ്ങൾക്ക് ഒരു അത്ഭുതമായിപ്പോയോ സത്യനിഷേധികൾ പറഞ്ഞു ഇയാൾ സ്പഷ്ടമായും ഒരു മാരണക്കാരൻ തന്നെയാകുന്നു ും തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് സിംഹാസനസ്ഥനാവുകയും ചെയ്ത അള്ളാഹു ആകുന്നു അവന്റെ അനുവാദത്തിന് ശേഷമല്ലാതെ യാതൊരു ശുപാർശക്കാരനും ശുപാർശ നടത്തുന്നതല്ല അവനത്രെ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ ും അവങ്കലേക്കാണ് നിങ്ങളുടെ എല്ലാം മടക്കറ അള്ളാഹുവിന്റെ സത്യവാഗ്ദാനം അത്രേ അത് തീർച്ചയായും അവൻ സൃഷ്ടി ആരംഭിക്കുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം പ്രതിഫലം നൽകുവാൻ വേണ്ടി അവൻ സൃഷ്ടികർമ്മം ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ നിഷേധിച്ചതാരോ അവർക്ക് ചുട്ടുതിളക്കുന്ന പാനീയവും വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും അവർ നിഷേധിച്ചിരുന്നതിൻ്റെ ഫലമത്രേ അത് സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അവനാകുന്നു ചന്ദ്രനെ അവനൊരു ശോഭയാക്കുകയും അതിന് ഘട്ടങ്ങൾ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിനു വേണ്ടി യഥാർത്ഥമുറപ്രകാരമല്ലാതെ അള്ളാഹു അതൊന്നും സൃഷ്ടിച്ചിട്ടില്ല മനസ്സിലാക്കുന്ന ആളുകൾക്കു വേണ്ടി അള്ളാഹു തെളിവുകൾ വിശദീകരിക്കുന്നു തീർച്ചയായും രാപ്പകലുകൾ വ്യത്യാസപ്പെടുന്നതിലും ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവയിലും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് പല തെളിവുകളുമുണ്ട് നമ്മെ കണ്ടുമുട്ടും എന്നു പ്രതീക്ഷിക്കാത്തവരും ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും ചെയ്തവരും നമ്മുടെ തെളിവുകളെപ്പറ്റി അശ്രദ്ധരായി കഴിയുന്നവരും ആരോ അവരുടെ സംഗേദം നരകം തന്നെയാകുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടത്രേ അത് തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ വിശ്വാസത്തിൻ്റെ ഫലമായി അവരുടെ രക്ഷിതാവ് അവരെ നേർവഴിയിലാക്കുന്നതാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തോപ്പുകളിൽ അവരുടെ താഴ്ഭാഗത്തുകൂടി ൾ ഒഴുകിക്കൊണ്ടിരിക്കും അതിനകത്ത് അവരുടെ പ്രാർത്ഥന അള്ളാഹുവേ നിനക്ക് സ്തോത്രം എന്നായിരിക്കും അതിനകത്ത് അവർക്കുള്ള അഭിവാദ്യം സമാധാനം എന്നായിരിക്കും അവരുടെ പ്രാർത്ഥനയുടെ അവസാനം ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി എന്നായിരിക്കും ജനങ്ങൾ നേട്ടത്തിന് ധൃതി കൂട്ടുന്നത് പോലെ അവർക്ക് ദോഷം വരുത്തുന്ന കാര്യത്തിൽ അള്ളാഹു ധൃതി കൂട്ടുകയായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതാവധി അവസാനിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ അവരുടെ ധിക്കാരത്തിൽ വിഹരിച്ചു കൊള്ളാൻ നാം വിടുകയാകുന്നു മനുഷ്യന് കഷ്ടത ബാധിച്ചാൽ കിടന്നിട്ടോ ഇരുന്നിട്ടോ നിന്നിട്ടോ അവൻ നമ്മോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവനിൽ നിന്ന് നാം കഷ്ടത നീക്കിക്കൊടുത്താൽ അവനെ ബാധിച്ച കഷ്ടതയുടെ കാര്യത്തിൽ നമ്മോടവൻ പ്രാർത്ഥിച്ചിട്ടേയില്ല എന്ന ഭാവത്തിൽ അവൻ നടന്നുപോകുന്നു അതിരുകവിയുന്നവർക്ക് അപ്രകാരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള പല തലമുറകളെയും അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ നാം നശിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായ തെളിവുകളുമായി നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്തു ചെല്ലുകയുണ്ടായി അവർ വിശ്വസിക്കുകയുണ്ടായില്ല അപ്രകാരമാണ് കുറ്റവാളികളായ ജനങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നത് പിന്നെ അവർക്ക് ശേഷം നിങ്ങളെ നാം ഭൂമിയിൽ പിൻഗാമികളാക്കി Ningal, yang mana perawarthikunnu yang mana namun kuwan wendik Wa idha tutlaa alaihim ayatuna bayinatin Qala alladhin la yarjoon liqa'a na'ti bi Qur'anin ghayri hadha awbadil Qul maa yakoonu li an ubadilahu min tilqa'i nafsi In attabiu illa ma yuha ilay നമ്മുടെ സ്പഷ്ടമായ തെളിവുകൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുമ്പോൾ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ പറയും നീ ഇതല്ലാത്ത ഒരു കുർആാൻ കൊണ്ടുവരികയോ ഇതിൽ ഭേദഗതി വരുത്തുകയോ ചെയ്യുക നെബിയെ പറയുക എന്റെ സ്വന്തം വകയായി അത് ഭേദഗതി ചെയ്യുവാൻ എനിക്ക് പാടുള്ളതല്ല എനിക്ക് ബോധനം നൽകപ്പെടുന്നതിന് പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് തീർച്ചയായും എന്റെ രക്ഷിതാവിനെ ഞാൻ ധിക്കരിക്കുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ പേടിക്കുന്നു പറയുക അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓദി കേൾപ്പിക്കുകയോ നിങ്ങളെ അവൻ ഇത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു ഇതിനു മുമ്പ് കുറെ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയോ ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട് തീർച്ചയായും കുറ്റവാളികൾ വിജയം പ്രാപിക്കുകയില്ല അള്ളാഹുവിനു പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ഈ ആരാധ്യർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു നബിയെ പറയുക കാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹുവിനറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവന് അറിയിച്ചു കൊടുക്കുകയാണോ അള്ളാഹു അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു മനുഷ്യർ ഒരൊറ്റ സമൂഹം മാത്രമായിരുന്നു എന്നിട്ടവർ ഭിന്നിച്ചിരിക്കുകയാണ് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്കിടയിൽ ഇതിനകം തീർപ്പുകൽപ്പിക്കപ്പെട്ടിരുന്നേനെ അവർ പറയുന്നു അദ്ദേഹത്തിന് അഥവാ നബിക്ക് തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു തെളിവ് നേരിട്ട് ഇറക്കിക്കൊടുക്കപ്പെടാത്തതെന്തുകൊണ്ട് നബിയെ പറയുക അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ കാത്തിരിക്കൂ തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു ജനങ്ങൾക്കു കഷ്ടത ബാധിച്ചതിനു ശേഷം നാം അവർക്ക് ഒരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കുതന്ത്രം പറയുക അള്ളാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവരാകുന്നു നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൂതന്മാർ രേഖപ്പെടുത്തുന്നതാണ് തീർച്ചയു അവനാകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം നൽകുന്നത് അങ്ങനെ നിങ്ങൾ കപ്പലുകളിലായിരിക്കുകയും നല്ല ഒരു കാറ്റ് നിമിത്തം യാത്രക്കാരെയും കൊണ്ട് അവ സഞ്ചരിക്കുകയും അവരതിൽ സന്തുഷ്ടരായിരിക്കുകയും ചെയ്തപ്പോഴതാ ഒരു കൊടുങ്കാറ്റ് അതിന് നേർക്ക് വന്നെത്തി എല്ലായിടത്തു നിന്നും തിരമാലകൾ അവരുടെ നേർക്ക് വന്നു തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവർ വിചാരിച്ചു അപ്പോൾ കീഴുവണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് അവർ പ്രാർത്ഥിച്ചു ഞങ്ങളെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും ും അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരതാ ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നു ഹേ മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന അതിക്രമം നിങ്ങൾക്കെതിരിൽ തന്നെയായിരിക്കും ഭവിക്കുക ഇഹലോക ജീവിതത്തിലെ സുഖാനുഭവം മാത്രമാണ് അതുവഴി നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മുടെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളെ നാം വിവരമറിയിക്കുന്നതാണ് إنما مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها അതുമൂലം മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കാനുള്ള ഭൂമിയിലെ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിയുകയും അത് അഴകാർന്നതാകുകയും അവയൊക്കെ കരസ്ഥമാക്കാൻ തങ്ങൾക്ക് കഴിയുമാറായെന്ന് അതിൻ്റെ ഉടമസ്ഥർ വിചാരിക്കുകയും ചെയ്തപ്പോഴതാ ഒരു രാത്രിയോ പകലോ നമ്മുടെ കൽപ്പന അതിന് വന്നെത്തുകയും തലേദിവസം അവയൊന്നും അവിടെ നിലനിന്നിട്ടേയില്ലാത്ത മട്ടിൽ നാം അവയെ ഉന്മൂലനം ചെയ്യപ്പെട്ട അവസ്ഥയിലാക്കുകയും ചെയ്യുന്നു ഇതുപോലെ മാത്രമാകുന്നു ഐഹിക ജീവിതത്തിന്റെ ഉപമ ചിന്തിക്കുന്ന ആളുകൾക്കു വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സുഹൃതം ചെയ്തവർക്ക് പ്രതിഫലവും കൂടുതൽ നേട്ടവുമുണ്ട് ഇരുളോ അപമാനമോ അവരുടെ മുഖത്തെ തീണ്ടുകയില്ല അവരാകുന്നു സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും وَتَرْحَقُهُمْ ذِلَّتُمْ مَالَهُمْ مِنَ اللَّهِ مِنْ عَاسِمْ كَأَنَّمَا أُغْشِيَتُوْجُوهُمْ قِطَعَمْ مِنَ اللَّيْلِ مُظْلِمَا أُولَٰئِكَ أَصْحَابُ النَّارِهُمْ فِيهَا خَالِدُونَ تِنْمَگَلْ پرَوَرْتِچَّ وَرْكَعَتْتَي تِنْمَكُلْ لَا پْرَدِفَلَمْ آدينَ دُلْيَم അപമാനം അവരെ ബാധിക്കുകയും ചെയ്യും അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല ഇരുണ്ട രാവിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതുപോലെ ഇരിക്കും അവരാകുന്നു നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا مَكَانَكُمْ أَنْتُمْ وَشُرَكَاؤُكُمْ فَزَيَّلْنَا بَيْنَهُمْ وَقَالَ شُرَكَاؤُهُمْ مَا كُنْتُمْ إِيَّانَا تَعْبُدُونَ أَوَرَأَيْتُمْ نَحْنُ أَرْمِيتُ كُتُغًا إِنَّتَ بَاهُدَيْوِ الْإِشْوَاسِقَلُودُ നിങ്ങളും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്ര അനന്തരം നാം അവരെ തമ്മിൽ വേർപ്പെടുത്തും അവർ പങ്കാളികളായി ചേർത്തവർ പറയും നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത് فكفى بالله شهيدا بيننا وبينكم ان كننا عن عبادتكم لغافلين ادينال ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു മതി നിങ്ങളുടെ ആരാധനയേപറ്റി ഞങ്ങൾ തീർതും അറിയില്ലാത്തവരായിരുന്നു હોനലിക ജബലു കുല്ലു നഫ്സിമാ അസ്ലഫത് അവിടെ വച്ച് ഓരോ ആത്മാവും അത് മുൻകൂട്ടി ചെയ്തത് പരീക്ഷിച്ചറിയും അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിങ്കലേക്ക് അവർ മടക്കപ്പെടുകയും അവർ പറഞ്ഞുണ്ടാക്കിയിരുന്നതെല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോകുകയും ചെയ്യുന്നതാണ്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 കാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തുന്നത് ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നതും ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ആരാണ് അവർ പറയും അള്ളാഹു എന്ന് അപ്പോൾ പറയുക എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹു എന്നിരിക്കെ യഥാർത്ഥമായുള്ളതിനു പുറമെ വഴികേടല്ലാതെ എന്താണുള്ളത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് അപ്രകാരം ധിക്കാരം കൈക്കൊണ്ടവരുടെ കാര്യത്തിൽ അവർ വിശ്വസിക്കുകയില്ല എന്നുള്ള നിന്റെ രക്ഷിതാവിന്റെ വചനം സത്യമായിരിക്കുന്നു നബിയെ പറയുക സൃഷ്ടി ആദ്യമായി തുടങ്ങുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരുടെ കൂട്ടത്തിലുണ്ടോ പറയുക അള്ളാഹുവാണ് സൃഷ്ടി ആദ്യമായി തുടങ്ങുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നത് എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് ും നബിയെ പറയുക സത്യത്തിലേക്ക് വഴികാട്ടുന്നവല്ലവരും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരുടെ കൂട്ടത്തിലുണ്ടോ പറയുക അള്ളാഹുവത്രെ സത്യത്തിലേക്ക് വഴികാട്ടുന്നത് ആകയാൽ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനാണോ അതല്ല ആരെങ്കിലും വഴി കാണിച്ചെങ്കിലല്ലാതെ നേർമാർഗം പ്രാപിക്കാത്തവനാണോ പിന്തുടരാൻ കൂടുതൽ അർഹതയുള്ളവൻ അപ്പോൾ നിങ്ങൾക്കെന്തുപറ്റി എങ്ങനെയാണ് നിങ്ങൾ വിധികൽപ്പിക്കുന്നത് അവരിൽ അധിക പേരും ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത് തീർച്ചയായും സത്യത്തിന്റെ സ്ഥാനത്ത് ഊഹം ഒട്ടും പര്യാപ്തമാകുകയില്ല തീർച്ചയായും അള്ളാഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ കുർആാൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല പ്രത്യുത അതിന്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതും ദൈവിക പ്രമാണത്തിന്റെ വിശദീകരണവുമത്രേ അത് അതിൽ യാതൊരു സംശയവുമില്ല ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണത് അതല്ല നെബി അത് കെട്ടിച്ചമച്ചതാണ് എന്നാണോ അവർ പറയുന്നത് നബിയെ പറയുക എന്നാൽ അതിന് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ അള്ളാഹുവിന്റെ പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെയെല്ലാം വിളിച്ചുകൊള്ളുകയും ചെയ്യുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അല്ല മുഴുവൻ വശവും അവർ സൂക്ഷ്മമായി അനുഭവ സാക്ഷ്യം അവർക്ക് വന്നുകഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെ അവർ നിഷേധിച്ചു തള്ളിയിരിക്കയാണ് അപ്രകാരം തന്നെയാണ് അവരുടെ മുമ്പുള്ളവരും നിഷേധിച്ചു തള്ളിയത് എന്നിട്ട് ആ അക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ ഖുർആാനിൽ വിശ്വസിക്കുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട് അതിൽ വിശ്വസിക്കാത്ത ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട് നിന്റെ രക്ഷിതാവ് കുഴപ്പമുണ്ടാക്കുന്നവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു ൂ അവർ നിന്നെ നിഷേധിച്ചു തള്ളുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക എനിക്കുള്ളത് എന്റെ കർമ്മമാകുന്നു നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മവും ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിമുക്തരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും വിമുക്തനാണ് അവരുടെ കൂട്ടത്തിൽ നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരുണ്ട് എന്നാൽ ബധിരന്മാരെ അവർ ചിന്തിക്കാൻ ഭാവമില്ലെങ്കിലും നിനക്ക് കേൾപ്പിക്കാൻ കഴിയുമോ ഇലൈക് അവരുടെ കൂട്ടത്തിൽ നിന്നെ ഉറ്റുനോക്കുന്ന ചിലരുമുണ്ട് എന്നാൽ അന്ധന്മാർക്ക് അവർ കണ്ടറിയാൻ ഭാവമില്ലെങ്കിലും നേർവഴി കാണിക്കുവാൻ നിനക്ക് സാധിക്കുമോ ولكن النَّاسَ أَنفُسَهُمْ يَظْلِمُونَ تِيرْجَيَ آيُمْ اللَّهُ مَنُشْيَرُ وَوْدُ اُتْتُمْ عَنِيدِ قَانِكُنْ دِلَّا يَنْجِلُمْ مَنُشْيَرْ عَوَرْ عَوَرْ عَوَرُ وَوْدُ تَنَّنَيْ أَنِيدِ قَانِكُنْ دِلَّا وَيَوْمَ يَحْشُرُهُمْ كَأَلَّمْ يَلْبَثُوْ إِلَّا سَاعَةً അവൻ അവരെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം പകലിൽ നിന്ന് അല്പസമയം മാത്രമേ അവർ ഇഹലോകത്ത് കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ എന്ന പോലെ അവർ അന്യോന്യം തിരിച്ചറിയുന്നതുമാണ് അള്ളാഹുവുമായി കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചു തള്ളിയവർ നഷ്ടത്തിലായിരിക്കുന്നു അവർ സന്മാർഗം പ്രാപിക്കുന്നവരായതുമില്ലേ അവർക്കു നാം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശിക്ഷകളിൽ ചിലതു നാം നിനക്ക് കാണിച്ചു അല്ലെങ്കിൽ അതിനു മുമ്പ് നിന്നെ നാം മരിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അവരുടെ മടക്കം പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയായിരിക്കും ഓരോ സമൂഹത്തിനും ഓരോ ദൂതനുണ്ട് അങ്ങനെ അവരിലേക്കുള്ള ദൂതൻ വന്നാൽ അവർക്കിടയിൽ നീതിപൂർവം തീരുമാനമെടുക്കപ്പെടുന്നതാണ് അവരോട് അനീതി കാണിക്കപ്പെടുന്നതല്ല ആ സത്യനിഷേധികൾ പറയും എപ്പോഴാണ് ഈ വാഗ്ദാനം നിറവേറുന്നത് പറയൂ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ قل لا املك لنفسي ضرا ولا نفعا الا ما شاء الله لكل امه اجل اذا جاء اجلهم فلا يستاخرون ساعه ولا يستقدمون نبيय باريغا انك തന്നെ उपगारमो उपद्रवमो உண்டாकगा एनेद एदीनतिलाला അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഓരോ സമൂഹത്തിനും ഒരു അവധിയുണ്ട് അവരുടെ അവധി വന്നെത്തിയാൽ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിക്കാനാവില്ല അവർക്കത് നേരത്തെയാക്കാനും കഴിയില്ല നബിയെ പറയുക അള്ളാഹുവിന്റെ ശിക്ഷ രാത്രിയോ പകലോ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ഏതു ശിക്ഷക്കായിരിക്കും കുറ്റവാളികൾ ധൃതി കൂട്ടുന്നത് എന്നിട്ട് ശിക്ഷ അനുഭവിക്കുമ്പോഴാണോ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളോട് പറയപ്പെടും നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് തിടുക്കം കാണിക്കുന്നവരായിരുന്നല്ലോ എന്നിട്ടിപ്പോഴാണോ നിങ്ങളുടെ വിശ്വാസം പിന്നീട് അക്രമകാരികളോട് പറയപ്പെടും നിങ്ങൾ ശാശ്വത ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ ഇത് സത്യമാണോ എന്ന് നിന്നോട് അവർ അന്വേഷിക്കുന്നു പറയുക അതെ എന്റെ രക്ഷിതാവിനെ തന്നെയാണ് തീർച്ചയായും അത് സത്യം തന്നെയാണ് നിങ്ങൾക്ക് തോൽപ്പിച്ചു കളയാനാവില്ല അക്രമം പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും ഭൂമിയിലുള്ളത് മുഴുവൻ കൈവശമുണ്ടായിരുന്നാൽ പോലും അതയാൾ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു ശിക്ഷ കാണുമ്പോൾ അവർ ഖേദം മനസ്സിൽ ഒളിപ്പിക്കുകയും ചെയ്യും അവർക്കിടയിൽ നീതി അനുസരിച്ച് തീർപ്പുകൽപ്പിക്കപ്പെടുകയും ചെയ്യും അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല لها إن وعد اللّه حق ولكن أكثرهم لا يعلمون شردّي كُغا تیر چايا يوم آگا شنگلللللوم بھوميلوم اُلَّدوكّة الله وينده داغن شردّي كُغا تیر چايا يوم اللّه وينده واقضانم ستيم آغن پچھے آوریم آدھیگا بیرم کاریم منسلا کنلل هو يحي و يمیت و يحي അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നുകിട്ടിയിരിക്കുന്നു സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നുകിട്ടിയിരിക്കുന്നു പറയുക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത് അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ അതാണ് അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് പറയുക അള്ളാഹു നിങ്ങൾക്കിറക്കി തന്ന ആഹാരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് അതിൽ ചിലത് നിങ്ങൾ നിഷിദ്ധവും വേറെ ചിലത് അനുവദനീയവുമാക്കിയിരിക്കുന്നു പറയുക അള്ളാഹുവാണോ നിങ്ങൾക്ക് അതിന് അനുവാദം തന്നത് അതല്ല നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവരുടെ വിചാരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്തായിരിക്കും തീർച്ചയായും അല്ലാഹു ജനങ്ങളോട് ം കാണിക്കുന്നവരാകുന്നു പക്ഷേ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല നബിയെ നീ വല്ല കാര്യത്തിലും ഏർപ്പെടുകയോ അതിനെപ്പറ്റി ഖുർആനിൽ നിന്ന് വല്ലതും ഓദിക്കേൾപ്പിക്കുകയോ നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളതിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ സാക്ഷിയായി നാം ഉണ്ടാകാതിരിക്കുകയില്ല ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു അണുവോളമുള്ള യാതൊന്നും നിന്റെ രക്ഷിതാവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുകയില്ല അതിനേക്കാൾ ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊന്നും സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി ഇല്ല ശ്രദ്ധിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ മിത്രങ്ങളാരോ അവർക്ക് യാതൊരു ഭയവുമില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ لهم البشرة في الحياة الدنيا وفي الآخرة لا تبدیل لِكَلِمَاتِ اللَّهِ ذَالِكَ هُوَ الْفَوْزُ الْعَظِيمُ أَوَرْكَانُ أَيْهِكَ جِيَوِدَ تِلُمْ پَرَلَوْغَتْتُمْ سَنْدَوْشَ وَارْتَ يُلَّدُ أَلَّهُ وِنْدَ وَجْرَنَگَلْكُ يَا دِرُ مَعَتْتَوُمْ إِلَّا آَ سَنْدَوْشَ وَارْتَ تَنَّ يَ كقولهم ان العزه لله جميعا هو السميع العليم نبيه அவருடைய வாக்கு నినకు వెసన ముണ്ടാക്കാదిరికట తీర్చయాయం ప్రదాపం మురువన్ అల్లాహు వినాగును అవన్ ఎల్లం కేల్కునవను అరియనవను మత్ర అల ఇన్ లillah మన్ ఫিস సనవాతి వమన్ ఫిల్ అర్ద్ وَمَا يَتَّبِعُ الَّذِينَ يَجْعُونَ مِن دُونِ اللَّهِ شُرَكَاءً إِنْ يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ مُمْ إِلَّا يَخْرُصُونَ شرَدِّكُقَ <تصفيق> تِيرْچَ يَعَيُمْ اللَّهُ وِنُولَّ دَعْقُنُّو آغَاشَنْغَلِ لُولَّ وَرُمْ بُوْمِي لُولَّ وَرُمْ أَلَّا اللَّهُ وِنَا پُرَمَ بَنْغَالِكَل എന്തൊന്നിനെയാണ് പിൻപറ്റുന്നത് അവർ ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത് അവർ അനുമാനിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത് അവനത്രേ നിങ്ങൾക്കു വേണ്ടി രാത്രിയെ ശാന്തമായി കഴിയത്തക്ക പകലിനെ വെളിച്ചമുള്ളതും ആക്കി തന്നത് തീർച്ചയായും കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു അവൻ എത്ര പരിശുദ്ധൻ അവൻ പരാശ്രയമുക്തനത്ര ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റെതാകുന്നു നിങ്ങളുടെ പക്കൽ ഇതിന് അഥവാ ദൈവത്തിന് സന്താനം ഉണ്ടെന്നതിന് യാതൊരു പ്രമാണവുമില്ല അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ പറയുക അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ചയും അവർക്കുള്ളത് ഇഹലോകത്തെ സുഖാനുഭവം അത്ര പിന്നെ നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം എന്നിട്ട് അവർ അവിശ്വസിച്ചിരുന്നതിൻ്റെ ഫലമായി കഠിനമായ ശിക്ഷ നാം അവർക്ക് ആസ്വദിപ്പിക്കുന്നതാണ് اذ قَالَ لِقَوْمِهِ يَا قَوْمِ إِن كَانَ كَبُرَ عَلَيْكُم مَقَامِي وَتَذْكِيرِي بِآيَاتِ اللَّهِ فَعَلَى اللَّهِ تَوَكَّلْتُ فَأَجْمِعُوا أَمْرَكُمْ وَشُرَكَاءَكُمْ ثُمَّ لَا يَكُنْ أَمْرُكُمْ عَلَيْكُمْ أُمَّةً ثُمَّ اقْضُوا إِلَيَّ وَلَا تُنْغِرُونَ نَبِيّي <تصفيق> ني أُرك ോഹിനെപ്പറ്റിയുള്ള വിവരം ഓദിക്കേൾപ്പിക്കുക അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം എന്റെ ജനങ്ങളെ എൻ്റെ സാന്നിധ്യവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയുള്ള എൻ്റെ ഉത്ബോധനവും നിങ്ങൾക്ക് ഒരു വലിയ ഭാരമായി തീർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ കാര്യം നിങ്ങളും നിങ്ങൾ പങ്കാളികളാക്കിയവരും കൂടി തീരുമാനിച്ചുറപ്പിച്ചുകൊള്ളും പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ അഥവാ തീരുമാനത്തിൽ നിങ്ങൾക്ക് ഒരു അവ്യക്തതയും ഉണ്ടായിരിക്കരുത് എന്നിട്ട് എന്റെ നേരെ നിങ്ങൾ ആ തീരുമാനം നടപ്പിൽ വരുത്തൂ എനിക്ക് നിങ്ങൾ ഇടതരികയേ വേണ്ട ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല എനിക്ക് പ്രതിഫലം തരേണ്ടത് അല്ലാഹു മാത്രമാകുന്നു അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും അവരെ നാം ഭൂമിയിൽ പിൻഗാമികളാക്കുകയും ചെയ്തു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളിയവരെ നാം മുക്കിക്കളഞ്ഞു അപ്പോൾ നോക്കൂ താക്കീത് നൽകപ്പെട്ട ആ വിഭാഗത്തിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് പിന്നെ അദ്ദേഹത്തിനു ശേഷം പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചു അങ്ങനെ അവരുടെ അടുത്ത് തെളിവുകളും കൊണ്ട് അവർ ചെന്നു എന്നാൽ മുമ്പ് ഏതൊന്ന് അവർ നിഷേധിച്ചു തള്ളിയോ അതിൽ അവർ വിശ്വസിക്കുവാൻ തയ്യാറുണ്ടായിരുന്നില്ല അതിക്രമകാരികളുടെ ഹൃദയങ്ങളിന്മേൽ അപ്രകാരം നാം മുദ്ര വയ്ക്കുന്നു പിന്നീട് അവർക്ക് ശേഷം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർനിന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക് മൂസായെയും ഹാറൂനെയും നാം നിയോഗിച്ചു എന്നാൽ അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത് അവർ കുറ്റവാളികളായ ഒരു ജനവിഭാഗമായിരുന്നു അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും ഇത് സ്പഷ്ടമായ ഒരു ജാലവിദ്യ തന്നെയാകും ും മൂസ പറഞ്ഞു സത്യം നിങ്ങൾക്ക് വന്നെത്തിയപ്പോൾ അതിനെപ്പറ്റി ജാലവിദ്യയെന്ന് നിങ്ങൾ പറയുകയോ ജാലവിദ്യയാണോ ഇത് യഥാർത്ഥത്തിൽ ജാലവിദ്യക്കാർ വിജയം പ്രാപിക്കുകയില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാർ എന്തൊന്നിൽ നിലകൊള്ളുന്നവരായി ഞങ്ങൾ കണ്ടുവോ അതിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുകളയാൻ വേണ്ടിയും ഭൂമിയിൽ മേധാവിത്വം നിങ്ങൾക്ക് രണ്ടു പേർക്കുമാകാൻ വേണ്ടിയുമാണോ നീ ഞങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നത് നിങ്ങൾ ഇരുവരെയും ഞങ്ങൾ വിശ്വസിക്കുന്നതേ അല്ല എല്ലാ വിവരമുള്ള ജാലവിദ്യക്കാരെയും നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരൂ അങ്ങനെ ജാലവിദ്യക്കാർ വന്നപ്പോൾ മൂസ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇടാനുള്ളതെല്ലാം ഇട്ടേക്കൂലൂ തും അങ്ങനെ അവർ ഇട്ടപ്പോൾ മൂസ പറഞ്ഞു നിങ്ങൾ ഈ അവതരിപ്പിച്ചത് ജാലവിദ്യയാകുക തീർച്ചയായും അള്ളാഹു അതിനെ പൊളിച്ചുകളയുന്നതാണ് കുഴപ്പമുണ്ടാക്കുന്നവരുടെ പ്രവർത്തനം അള്ളാഹു ഫലവത്താക്കി തീർക്കുകയില്ല തീർച്ചയായി സത്യത്തെ അവന്റെ വചനങ്ങളിലൂടെ അവൻ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതാണ് കുറ്റവാളികൾക്ക് അത് അനിഷ്ടകരമായാലും ശരി എന്നാൽ മൂസായെ തന്റെ ജനതയിൽ നിന്നുള്ള ചില ചെറുപ്പക്കാരല്ലാതെ മറ്റാരും വിശ്വസിച്ചില്ല അതുതന്നെ ഫിർനും അവരിലുള്ള പ്രധാനികളും അവരെ മർദ്ദിച്ചേക്കുമോ എന്ന ഭയപ്പാടോടു കൂടിയായിരുന്നു ായും ഫിർ ഭൂമിയിൽ ഔന്നത്യം നടിക്കുന്നവൻ തന്നെയാകുന്നു തീർച്ചയായും അവൻ അതിരുകവിഞ്ഞവരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു മൂസ പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ നിങ്ങൾ ഫരമേൽപ്പിക്കുക നിങ്ങൾ അവന് കീഴ്പ്പെട്ടവരാണെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ മേൽ ഞങ്ങൾ ഫരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നീ അക്രമികളായ ഈ ജനവിഭാഗത്തിന്റെ മർദ്ദനത്തിന് ഇരയാക്കരുത് നിന്റെ കാരുണ്യം കൊണ്ട് സത്യനിഷേധികളായ ഈ ജനതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ ുംസാക്കും അദ്ദേഹത്തിന്റെ സഹോദരനും നാം ഇപ്രകാരം സന്ദേശം നൽകി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ഈജിപ്തിൽ പ്രത്യേകം വീടുകൾ സൗകര്യപ്പെടുത്തുകയും നിങ്ങളുടെ വീടുകൾ കിപിലയാക്കുകയും നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക ഞങ്ങളുടെ രക്ഷിതാവെ ഫിർ അവന്റെ പ്രമാണിമാർക്കും നീ ഐഹിക ജീവിതത്തിൽ അലങ്കാരവും സമ്പത്തുകളും നൽകിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവെ നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുവാൻ വേണ്ടിയാണ് അവരത് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാവെ സ്വത്തുക്കൾ തുടച്ചു നീക്കേണമേ വേദനയേറിയ ശിക്ഷ കാണുന്നതുവരെയും അവർ വിശ്വസിക്കാതിരിക്കത്തക്ക വണ്ണം അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകുകയും ചെയ്യണമേ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഇരുവരുടെയും പ്രാർത്ഥന ഇതാ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇരുവരും നേരെ നിലകൊള്ളുക വിവരമില്ലാത്തവരുടെ വഴി നിങ്ങൾ ഇരുവരും പിന്തുടർന്നു പോകരുത് കോലൂല ഇലഹ ഇല്ല അമനി ബനു ഇസ്രോ ഇളവ അനമിനൽ മുസ്ലിമീൻ ഇസ്്രായിൽ സന്തതികളെ നാം കടൽ കടത്തിക്കൊണ്ടുപോയി അപ്പോൾ ഫിർആൌനും അവൻ്റെ സൈന്യങ്ങളും ധിക്കാരവും അതിക്രമവുമായി അവരെ പിന്തുടർന്നു ഒടുവിൽ മുങ്ങി മരിക്കാറായപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേൽ സന്തതികൾ ഏതൊരു ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അവന് കേഴ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു <تصفيق> <تصفيق> <تصفيق> ان <الآن> انا وقد عصيت قبلكم كنت من المفسدين الله அவനോട് പറഞ്ഞു മുൻപൊക്കെ ಧಿಕരിക്കുകയും കുഴപ്പക്കാരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് فاليوم ننجيك ببدلك لتكون لمن خلفك آيه എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്നു നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ് തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു مِنْ دَوَّنُوا وَأَصْدِقُوا وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ فَمَا اخْتَلَفُوا حَتَّى جَاءَهُمُ الْعِلْمُ إِنَّ رَبَّكَ يَقْضِي بَيْنَهُمْ يَوْمَ الْقِيَامَةِ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ تيرच्यायिम <تصفيق> इसराइल സന്തதிகले उजिदमाय ओरु तावळतिल नाम कुडीइर्तुगय विशिष्ठमाय वस्तुकलिल्निन അവർക്ക് നാം ആഹാരം നൽകുകയും ചെയ്തു എന്നാൽ അവർക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം തന്നെയാണ് അവർ ഭിന്നിച്ചത് അവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിന്റെ രക്ഷിതാവ് അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും ഇനി നിനക്കു നാം അവതരിപ്പിച്ചു തന്നതിനെപ്പറ്റി നിനക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ നിനക്ക് മുമ്പ് തന്നെ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിച്ചു നോക്കുക തീർച്ചയായും നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം വന്നുകിട്ടിയിരിക്കുന്നു അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിലായി പോകരുത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയവരുടെ കൂട്ടത്തിലും നീ ആയിപ്പോകരുത് എങ്കിൽ നീ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും തീർച്ചയായും ഏതൊരു വിഭാഗത്തിന്റെ മേൽ നിന്റെ രക്ഷിതാവിന്റെ വചനം സ്ഥിരപ്പെട്ടിരിക്കുന്നുവോ അവർ വിശ്വസിക്കുകയില്ല ഏതൊരു തെളിവ് അവർക്ക് വന്നുകിട്ടിയാലും വേദനയേറിയ ശിക്ഷ നേരിൽ കാണുന്നതുവരെ ഏതെങ്കിലുമൊരു രാജ്യം വിശ്വാസം സ്വീകരിക്കുകയും വിശ്വാസം അതിന് പ്രയോജനപ്പെടുകയും ചെയ്യാത്തതെന്ത് യൂനുസിന്റെ ജനത ഒഴികെ അവർ വിശ്വസിച്ചപ്പോൾ ഇഹലോക ജീവിതത്തിലെ അപമാനകരമായ ശിക്ഷ അവരിൽ നിന്ന് നാം നീക്കം ചെയ്യുകയും ഒരു നിശ്ചിത കാലം വരെ നാം അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തു നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ച് വിശ്വസിക്കുമായിരുന്നു എന്നിരിക്കെ ജനങ്ങൾ സത്യവിശ്വാസികളാകുവാൻ നീ അവരെ നിർബന്ധിക്കുകയോ ചുമിന وَيَجْعَلُ الرِّجِسَ عَلَى الَّذِينَ لَا يَعْقِلُونَ يَادُ وَيَرَعَلْكُمْ اللَّهُ وِنْدَيْ أَنُمَدِيْ پْرَغَارَ مَلَّا دَيْ وِشْوَسِكَانْ كَلْيُونَ دَلَّ چِنْدِجْشُ مَنَسِلَا كَاتَّ وَرْكِ اللَّهُ نِكْرِشْتَ دَ وَيُرُتِّيْ وَيَكُنَّ دَا قُلِ <سؤال> انظروا مَاذا فِي السَّمَاوَاتِ وَ ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾ നോക്കുവിശ്വസിക്കാത്ത ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളും താക്കീതുകളും എന്തു ഫലം ചെയ്യാനാണ് അപ്പോൾ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ അനുഭവങ്ങൾ പോലുള്ളതല്ലാതെ മറ്റു വല്ലതും അവർ കാത്തിരിക്കുകയാണോ പറയുക എന്നാൽ നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് പിന്നീട് നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തുന്നു അപ്രകാരം നമ്മുടെ മേലുള്ള ഒരു ബാധ്യത എന്ന നിലയിൽ നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നു പറയുക ജനങ്ങളെ എന്റെ മതത്തെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരെ ഞാൻ ആരാധിക്കുകയില്ല പക്ഷേ നിങ്ങളെ മരിപ്പിക്കുന്നവനായ അള്ളാഹുവെ ഞാൻ ആരാധിക്കുന്നു സത്യവിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കുവാനാണ് ഞാൻ വക്രതയില്ലാത്തവനായിക്കൊണ്ട് നിന്റെ മുഖം മതത്തിന് നേരെയാക്കി നിർത്തണമെന്നും നീ ബഹുദൈവ പെട്ടവനായിരിക്കരുതെന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന് പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും നിനക്ക് ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത് നീ അപ്രകാരം ചെയ്യുന്ന തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും وَإِنْ يَمْسَسْكَ اللَّهُ بِضُرِّنْ فَلَا كَاشِ فَلَهُ إِلَّا هُو وَإِنْ يُرِدْكَ بِخَيْرٍ فَلَا رَادَّ لِفَضْلِ يُصِيبُ بِهِ مَنْ يَشَاءُ مِنْ عِبَادِهِ وَهُوَ الْغَفُورُ الرَّحِيمِ نينك الله والله دوشا من الپكونا باتشامتشام അവനൊഴികെ അത് നീക്കം ചെയ്യാൻ ഒരാളുമില്ല അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ്റെ അനുഗ്രഹം തട്ടി മാറ്റാൻ ഒരാളുമില്ല തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് ആ അനുഗ്രഹം അവൻ അനുഭവിപ്പിക്കുന്നു അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ പറയുക ഹേ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അതിനാൽ ആർ നേർവഴി സ്വീകരിക്കുന്നുവോ അവൻ തന്റെ ഗുണത്തിനു വേണ്ടി തന്നെയാണ് നേർവഴി സ്വീകരിക്കുന്നത് വല്ലവനും വഴിവിഴച്ചുപോയാൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനല്ലോ നിനക്ക് സന്ദേശം നൽകപ്പെടുന്നതിന് നീ പിന്തുടരുക അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ക്ഷമിക്കുകയും ചെയ്യുക തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമനത്രേ അവൻ